ി സ്നേഹിത കെ കെ സുധാകരൻ എഴുതിയ നാടകം കഥാപാത്രങ്ങളും അഭിനേതാക്കളും ആൽബർട്ട് രവി വള്ളത്തോൾ ട്രീസ ഭാഗ്യലക്ഷ്മി നാൻസി മീന നെവിൽ റീന കലാമണ്ഡലം സോഫിയ ജെയിംസ് കുസുമം ജോൺസി തോമസ് നളിനി ശ്രീലത മേനോൻ ആൽബർട്ടിന്റെ പപ്പ എം സോമശേഖരൻ നായർ ആൽബർട്ടിന്റെ മമ്മി ഗിരിജ പ്രേമൻ നാൻസിയുടെ ജ്യേഷ്ഠൻ പള്ളിപ്പുറം ജയകുമാർ ജെയിംസ് അഭയൻ കലവൂർ ലോഡ്ജ് മാനേജർ പനാമ ജോസ് സാങ്കേതിക സഹായം കെ എ സുകുമാരൻ സംവിധാനം മുഹമ്മദ് റോഷൻ സ്നേഹിത സോറി നാൻസി താൻ വന്നിട്ട് ഒരുപാട് നേരമായോ കൃത്യ അഞ്ചു മണിക്ക് തന്നെ ബാങ്കിൽ നിന്ന് അപ്പൊ ഞങ്ങളുടെ മാനേജർ പിടിച്ചു നിർത്തി ഒരു കല്യാണാലോചന പുള്ളിയുടെ ഫ്രണ്ടിന്റെ അനിയന് വേണ്ടിയാ ഒരു വിധത്തി രക്ഷപെട്ടു പോന്നെന്ന് പറഞ്ഞാ മതിയല്ലോ കാത്തുനിന്ന് താൻ ബോറടിച്ചോ ഹേയ് നല്ല രസമായിരുന്നു റോഡ് വക്കിൽ ഇങ്ങനെ ഞാനും കൃത്യ അഞ്ചിന് തന്നെ ബാങ്കിൽ നിന്നിറങ്ങി കഴിഞ്ഞ പത്ത് മിനിറ്റായി ഇതിലെ കടന്നുപോയ സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും എണ്ണമെടുത്ത് നിക്കുമായിരുന്നു വാ ഇനി പോവാ എന്താ ഇനി പ്രോഗ്രാം ഹോസ്റ്റലിലേക്കല്ലേ ആറര വരെ ഇപ്പോഴേ ആ തടവറയിൽ ചെന്നേറിയിരിക്കണോ നമുക്ക് വെറുതെ നടക്കാം കുറച്ച് ശുദ്ധമായി ശ്വസിക്കാം പിന്നെ ഈ മെയിൻ റോഡിലൂടെ തന്നെ നടക്കണം ശുദ്ധമായി ശ്വസിക്കാൻ പെട്രോളിന്റെയും ഡീസലിന്റെയും മണമുള്ള നല്ല ശുദ്ധമായ കറുത്ത പുകയല്ലേ അടിച്ചു കയറുന്നത് അല്ലടോ നമ്മൾ മാർക്കറ്റ് ജംഗ്ഷൻ വരെ നടക്കുന്നു പിന്നെ കോഫി ഹൗസിൽ കയറി ചൂടുള്ള പഴംപൊരിയും കാപ്പിയും കഴിക്കുന്നു അത് പബ്ലിക് ലൈബ്രറി പോയി രണ്ട് ബുക്ക് എടുത്തിട്ട് മ്യൂസത്ത് പോയി കാറ്റുകൊള്ളുന്നു പ്രോഗ്രാം എപ്പടി നടക്ക എടോ റോഡിന്റെ എതിർവശത്തേക്ക് നോക്കിയേ ആ ജീൻസ് ഇട്ട താടിക്കാരൻ തന്നെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയാ പോകുന്നേ ഉം നേരെ നോക്കി നടന്നില്ലല്ലേ അയാള് വല്ല സിറ്റി ബസിന്റെ അടിയിൽ ചെന്ന് കേറിക്കോളും ഒരു പാവ സൗന്ദര്യാസ്വാദവിനെ കുറിച്ച് ഇങ്ങനെ കണ്ണിച്ചു ഒരേലാതെ പറയാതിടോക്കൺ നമ്പർ പതിനേഴ് ആളില്ലേ ശരിക്ക് എ എന്നിട്ട് അയാൾക്ക് എണ്ണം തെറ്റിയെന്ന് തനിക്കെങ്ങനെ മനസ്സിലായി ക്യാഷ് ബാലൻസ് നോക്കിയപ്പോ നൂറ് രൂപ കൂടുതൽ ഞാനത് ആരോടും മിണ്ടിയില്ല പറഞ്ഞ കേർലെസ് ആയിട്ടാ ജോലി ചെയ്യുന്നതെന്ന് ക്രിട്ടിസിസം വരും ആ നൂറ് രൂപ എന്തു ചെയ്യും അതായിപ്പോ എന്റെ വിഷമം ഞാനൊരു വഴി പറഞ്ഞുതരാം പറ അടുത്ത സൺഡേ നമ്മൾ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ലഞ്ച് കഴിക്കുന്നു ബാക്കി വല്ലതും ഒരു ഐസ്ക്രീം നൂറ് രൂപ അപ്രത്യക്ഷ പോടോ അത് ശരിയല്ല വല്ലവരുടെയും പൈസ നമുക്ക് വേണ്ട ആ എന്നാലും നിങ്ങൾ തിരിച്ചു കൊടുത്തേക്ക് അത് നാളെ അറിയത്തില്ലല്ലോ ആ അതിനൊരു വഴിയുണ്ട് എന്ത് വഴി ആ ചെക്കിൽ അക്കൌണ്ട് നമ്പർ ഇല്ലേ അത് വെച്ച് ലഗ്ജറി നോക്കി അഡ്രസ്സ് കണ്ടുപിടിക്കുക നൂറ് രൂപ മണി ഓർഡർ അയച്ചു ആ അത് ശെരിയാ നാൻസി അയാളുടെ അഡ്രസ് കിട്ടി സുവർണ ലോഡ്ജ് രാജദാസപുരം അയാളുടെ പേര് സി എൽ ആൽബർട്ട് ടെലിഫോൺ നമ്പർ ഉണ്ടോ ഉണ്ട് സെവൻ ഇനി എന്തു ചെയ്യും താൻ സുവർണ്ണ ലോഡ്ജിലേക്ക് ഫോൺ ചെയ്ത് മിസ്റ്റർ സി ആൽബർട്ടിനെ ആവശ്യപ്പെടുന്നു അയാൾ ലൈനിൽ വരുന്നു നാളെ രാവിലെ മര്യാദയ്ക്ക് ബാങ്കിൽ വന്ന് ആ നൂറ് രൂപ വാങ്ങിക്കൊണ്ടുപോകാൻ താൻ പറയുന്നു അയ്യോ ഞാൻ പറയണോ പിന്നെ ഞാൻ പറയണോ പ്ലീസ് നാൻസി എനിക്ക് വേണ്ടി താൻ സംസാരിച്ചാ മതി താനിക്കൈതിനൊക്കെ മിടുക്ക് ഞാനാണോ താനാണോ സംസാരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകത്തില്ലോ അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന പ്രമാണം ഹാ എന്നാലും താനെന്റെ കൂട്ടുകാരിയല്ലേ തന്നെയുമല്ല പാപം ചെയ്തത് മിസ്റ്റർ ആൽബർട്ടുമാണല്ലോ വാ ഇപ്പ തന്നെ നമുക്ക് ഇയാളെ വിളിച്ച് വരട്ടോ ബെല്ലടിക്കുന്നുണ്ട് ഹലോ ദിസ്ണ ലോഡ്ജ് ആരെയാണ് വേണ്ടത് മിസ്റ്റർ ആൽബർട്ടിനെ ഒന്ന് തരാമോ പ്ലീസ് റൂം നമ്പർ പറയൂ സോറി റൂം നമ്പർ അറിയില്ല ആരാണ് വിളിക്കുന്നത് ഒരു ഫ്രണ്ടാണ് പേര് ഇവിടെ രണ്ട് ആൽബർട്ട്മാരുണ്ട് ആൽബർട്ട് അലക്സും സിയൽ ആൽബർട്ടും ഇതിൽ ആരെയാണ് വേണ്ടത് സി എൽ ആൽബർട്ടിനെ പ്ലീസ് ഹോൾഡ് ഓൺ ഡാ പന്ത്രണ്ടിലെ ആൽബർട്ടിന് ഫോണുണ്ടെന്ന് പറയാ ഏതോ പെണ്ണാ വിളിക്കുന്നത് ആള് പോയിട്ടുണ്ട് ഇപ്പൊ വരും സംസാരിക്കാമോ ഹലോ ആൽബർട്ട് ഹിയ ആരാണ് സംസാരിക്കുന്നത് ഞാൻ പ്രീസ ഇന്നലെ നിങ്ങൾ ബാങ്കിൽ വന്ന് എന്തു പണിയാ കാണിച്ചേ അവസാനം ആ നൂറ് രൂപ എങ്ങനെ അധികം വന്നു കണ്ടുപിടിക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്ന് അറിയാമോ ഓഷർ ആണോ നിങ്ങൾ അതെ മനസ്സിലായില്ലേ സോറി തെറ്റുപറ്റിയത് എനിക്കാണ് നാളെ തന്നെ ബാങ്കിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോണം വരാം അല്ലെങ്കിൽ അടച്ചേക്കാമോ അതൊന്നും പറ്റില്ല നാളെ വന്ന് വാങ്ങുന്നതാണ് നല്ലത് എന്ത് പണിയാ കാണിച്ചെ അയാൾ നാളെ ബാങ്കിൽ വന്ന് ഇത് വല്ലതും ആരോടെങ്കിലും പറഞ്ഞാ എനിക്കാ കുറ്റം അക്കൗണ്ടിൽ അടച്ചേക്കാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ട്രീസ പേടിക്കണ്ട ഒരു കുഴപ്പമുണ്ടാകത്തില്ല അയാൾ വരട്ടെ വീരനെ തനിക്ക് ശരിക്കൊന്ന് കാണാമല്ലോക്കൺ നമ്പർ നാൽപ്പത് എക്സ്ക്യൂസ് മി ട്രീസന്നല്ല പേര് അതെന്റെ പേര് ആൽബർട്ട് ഇന്നലെ ഫോൺ ചെയ്തിരുന്നില്ലേ ആ നൂറ് രൂപ ഓ ശരി ശരി ഇതാ രൂപ താങ്ക്സ് അസൗകര്യം ഉണ്ടായതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു സത്യത്തിൽ ഇതുപോലെ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ ടോക്കൺ നമ്പർ നാൽപ്പതേ നാൻസി അയാൾ ഇന്ന് ബാങ്കിൽ വന്നായിരുന്നു ആര് ആ ആൽബർട്ടേ രൂപ കൊടുത്തോ ഉം കൊടുത്തു അപ്പൊ അയാൾ കൊറേ സോറി പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്തില്ല തനിക്ക് എന്തായാലും മനസമാധാനായല്ലോ എടോ നാൻസി അയാൾക്ക് തലക്കെന്തോ കുഴപ്പമുണ്ടോന്ന് തോന്നുന്നു ആർക്ക് ആ ആൽബർട്ടിനെ എന്താ തനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം ഒരു ദിവസം അയാള് വന്ന് അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്തു പിറ്റേ ദിവസം വന്ന് അത്രയും രൂപ വിഡ്രോ ചെയ്തു അതിന്റെ അടുത്ത ദിവസം വന്ന് വീണ്ടും അഞ്ഞൂറ് രൂപ ഇട്ടു പിറ്റേ ദിവസം വന്ന് അത് അയാൾ പിൻവലിച്ചു ഇന്നലെയും എന്നാൽ ഇന്ന് വന്ന് ആ രൂപയും പിൻവലിക്കും അയാളുടെ തലക്കല്ല കൊഴപ്പോ ഹൃദയത്തിന് എന്നുവച്ച എന്ന് വെച്ചാൽ അയാൾക്ക് തന്നോട് പ്രേമമാ തന്നെ കാണാനാ അയാൾ ഇങ്ങനെ ദിവസവും ബാങ്കിൽ വരുന്നത് ഒന്നും പോൻസി എനിക്ക് വളരെ പേഴ്സണലായ ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഈ റോഡരികിൽ നിന്നുകൊണ്ട് പറയാനുള്ളതല്ലാതെ അത് വേണ്ട എന്ത് തന്നെയാണെങ്കിൽ ഇപ്പം പറഞ്ഞോളൂ എനിക്ക് പോവാൻ ഉണ്ട് ഇറങ്ങി വരുന്നത് കാത്ത് ഞാനും നിൽക്കുകയായിരുന്നു എനിക്ക് എനിക്ക് ട്രീസ ഇഷ്ടമാണ് ട്രീസയെ ഞാൻ സ്നേഹിക്കുന്നു എന്താ മിസ്റ്റർ ആൽബർട്ടിന് എന്നോട് ഇഷ്ടം തോന്നാൻ കാരണം കാരണമെന്താണെന്ന് ചോദിച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഏതൊരു പുരുഷന്റെയും മനസ്സിൽ അയാളുടെ സങ്കല്പത്തിലുള്ള വധുവിന്റെ ഒരു ചിത്രം ഉണ്ടായിരിക്കുമല്ലോ എന്റെ മനസ്സിലുള്ള ചിത്രവുമായി ട്രീസയ്ക്ക് വളരെയധികം സാമ്യമുണ്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഞാൻ പൊയ്ക്കോട്ടെ കൂട്ടുകാരി കാത്തുനിൽക്കുമല്ലേ ശരി നമുക്ക് നടക്കാം ഞാനും അങ്ങോട്ടാണ് എന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ വീട് മൂവാറ്റുപുഴയാണ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പോളിറ്റിക്സ് പഠിപ്പിക്കുന്നു താമസം രാജദാസപുരത്തൊരു ലോഡ്ജിലാണ് അക്കാര്യം ട്രീസക്കറിയാല്ലോ എവിടെയാണ് ട്രീസയുടെ വീട് കോട്ടയത്താ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണുള്ളത് രണ്ടുപേരും മാരേജ് കഴിഞ്ഞ് ഫാമിലിയായി അമേരിക്കയിലാണ് താമസം പപ്പയും മമ്മിയും ഇപ്പൊ അവരുടെ കൂടാ ഞാൻ മാത്രേ ഉള്ളൂ ഇവിടെ എന്താ പിന്നെ ആൽബർട്ടും കൂടെ അങ്ങ് പോകാത്തത് അന്യനാട്ടിൽ പോയി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ട്രീസ നമ്മുടെ ഈ കാറ്റും വെയിലും മഴയും നമ്മുടെ ആകാശവും ഭൂമിയും നമ്മുടെ മരങ്ങളും മനുഷ്യരും ഒക്കെയാണ് എനിക്കിഷ്ടം ആ അത് പോകട്ടെ ഞാൻ ചോദിച്ചതിനെ ട്രീസ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ട്രീസയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടമാണോ സോറി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല അതൊക്കെ എന്റെ വീട്ടുകാർ തീരുമാനിച്ചോളും ദയവായി ഇനി ഈ കാര്യം സംസാരിക്കാൻ വരരുത് എന്നിട്ട് താനെന്ത് പറഞ്ഞു മേലിൽ ഇക്കാര്യം സംസാരിക്കാൻ എന്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു യു ആർ ഫുൾ വൈ കണ്ടാൽ നല്ല സുന്ദരൻ യൂണിവേഴ്സിറ്റി ലെക്ചറർ ഇപ്പൊ യു ജി പറഞ്ഞാൽ നിസ്സാരമൊന്നും അല്ലടോ പോരാത്തതിന് അമേരിക്കയിൽ എന്താ യാളെ പിടിച്ചില്ലേ എടോ അയാൾ പറയുന്നൊക്കെ നേരാണോന്ന് ആർക്കറിയാം എന്തായാലും അയാൾ ലെക്ചറാണെന്ന് എനിക്ക് തോന്നില്ല അതെന്താ ഒരു കോളേജ് അധ്യാപകൻ നടു റോഡിൽ വെച്ച് ഒരു പെണ്ണിനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയല്ല ഹോസ്റ്റലിൽ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് താ സമ്മതിക്കാത്തോണ്ടല്ലേ അയാളുടെ അപ്പനും അമ്മയും ബന്ധുക്കളും ഒക്കെ അയാൾക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ലെന്ന് ആർക്കെങ്കിലും അമേരിക്ക പോവാൻ ഇഷ്ടമില്ലാതിരിക്കുമോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അമേരിക്കയിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരും കാണും ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ എടുക്കാം അവിടത്തെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാ പോലും ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്നാലും ആരെയും നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല നാൻസി അത് ശരിയാ റൂം നമ്പർ തേർട്ടിയിലെ റീന സെബാസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പോളിറ്റിക്സ് ബി എ കല്ലേ പഠിക്കുന്നേ നമുക്ക് അവളോടൊന്ന് ചോദിച്ചു നോക്കാം ഇപ്പ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു ഒരുത്തിനും വിശ്വസിക്കാൻ പറ്റത്തില്ല നാൻസി സിറ്റിയല്ലേ പല വേഷത്തിലും പല ഭാവത്തിലും റോമിയോമാർ വലയും കൊണ്ട് ചുറ്റിപ്പറ്റി നടക്കും ചില വിഡിപ്പെണ്ണുങ്ങൾ അവരുടെ കെണിയിൽ ചെന്ന് വീഴുകയും ചെയ്യും എല്ലാ പുരുഷന്മാരും അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആരാ നല്ലവര് ആരാ കള്ളമാരെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും സൂക്ഷിക്കേണ്ടത് നമ്മളാ അയാളന്ന് ബാങ്കിൽ വെച്ച് മനപൂർവ്വമാ ആ നൂറ് രൂപ നോട്ടിന്റെ കളി കളിച്ച് എന്റെ ശ്രദ്ധ പിടിച്ചു പക്ഷേ ബാങ്കിൽ വരാൻ അസൗകര്യം അക്കൗണ്ടിൽ ആ പണം അടച്ചേക്കുമെന്നല്ലേ അയാൾ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ അയാൾ വന്നത് അതാ നാൻസി അസൽ കള്ളന്റെ ലക്ഷണം നിഷ്കളങ്കനാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും നമ്മളത് മനസ്സിലാക്കിയോ ഇല്ല അതാ അയാളുടെ വിജയം എക്സ്ക്യൂസ് മീ ട്രീസയുടെ കൂട്ടുകാരിയല്ലേ അതെ മനസ്സിലായില്ലോ എന്റെ പേര് ആൽബർട്ട് എന്നെ കുറിച്ച് എന്താണ് അവളെ കെട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ് യൂണിവേഴ്സിറ്റി കോളേജിലോ അല്ല യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് ഏതാണ് വിഷയം രാഷ്ട്രമീമാംസ അതായത് പൊളിറ്റിക്കൽ സയൻസ് ഇതുവരെ ഇയാള് പേരൊന്നും പറഞ്ഞില്ലല്ലോ സോറി എന്റെ പേര് നാൻസി എന്നാണ് ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്നു ഹോസ്റ്റലിൽ ആണ് ആഹാ അതാ നാൻസിയുടെ കൂട്ടുകാർ വരുന്നുണ്ട് ഞാൻ ഇനി നിൽക്കുന്നില്ല എന്നെ കണ്ടാൽ ട്രീസയുടെ മൂട് പോകും വേണ്ട നാൻസി സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നൊരാൾ പറഞ്ഞാൽ കുറ്റി അടിച്ചുപോലെ നിക്കുന്നേ ആൽബർട്ട് എന്നെ വന്ന് പരിചയപ്പെട്ടു താൻ വരുന്നത് കണ്ടോണ്ട് ഇപ്പോഴാ പോയത് സൂക്ഷിച്ചോ അയാളിനി നിന്നെ വളയ്ക്കാനുള്ള ശ്രമത്തിലാ അതുകൊണ്ടാ എന്നെ കണ്ടപ്പോ സ്ഥലം വിട്ടത് റൂം നമ്പർ ട്വന്റി ഫൈവിലെ കുസുമകുമാരിയെ തനിക്ക് അറിയാമോ അറിയാം അവള് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലല്ലേ പഠിക്കുന്നേ ആ അതെ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവളെ നമുക്കൊന്ന് കാണണം എന്തിനാൻസി അത് അന്നേരം അറിഞ്ഞാ മതി കുസുമം നിങ്ങളുടെ ക്യാമ്പസിൽ ആൽബർട്ട് എന്നൊരു ലെക്ചർ ഉള്ളായിട്ട് അറിയാമോ ഉണ്ടല്ലോ ചേച്ചി പുള്ളി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലാ കുസുമത്തിന് നേരിട്ടറിയാമോ അയാളെ പിന്നില്ലേ ഞങ്ങൾ ഒരേ നാട്ടുകാരാ മൂവാറ്റുപുഴയിലാ സാറിന്റെയും വീട് സാറിന്റെ വീട്ടുകാരൊക്കെ ആ എന്റെ മൂത്ത ചേട്ടൻ കല്യാണം കഴിച്ചേക്കുന്നത് സാറിന്റെ വീടിന്റെ തൊട്ടടുത്തു സാറിന്റെ വീട്ടുകാരൊന്നും നാട്ടിലില്ല എല്ലാരും അമേരിക്കയിലാ എന്താ ചേച്ചി ചോദിച്ചേ അല്ല എന്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു കല്യാണാലോചന ആളെങ്ങനെയുണ്ടെന്ന് അറിയാനാ ക്യാമ്പസിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാൽബർട്ട് സാറിനെ കുറിച്ച് നന്നായിട്ട് പഠിപ്പിക്കും കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടാ ആൾ ഒരു പഞ്ചാരയാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ ശുദ്ധം നുണയാ ചേച്ചി അങ്ങനെ അനാവശ്യമായി ആരോടും സംസാരിക്കുന്ന ആളല്ല ആൽബർട്ട് സാർ എന്താ തൃപ്തിയായി ലേ മിസ് വൈകുന്നേരം കാണണമെന്ന് ട്രീസ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഹോസ്റ്റല് ഞാൻ ഇത്തിരി റിസർച്ചൊക്കെ നടത്തി താമസം ഇവിടെയാണെന്ന് നേരത്തെ കണ്ടുപിടിച്ചതാ വേറെന്തൊക്കെ മാത്രം വീട് കോട്ടയത്താണെന്ന് ട്രീസന്നെ അന്ന് പറഞ്ഞാരുന്നല്ലോ അന്ന് ഞാൻ ഇത്രയും മര്യാദയില്ലാതെ പെരുമാറിയതെന്ന് തോന്നി ഓ സോറി ഞാനൊരു പഴഞ്ചൻ മട്ടുകാരി ആൽബർട്ട് കല്യാണക്കാരിമാനിക്കേണ്ടതാണെന്നാ എന്റെ വിശ്വാസം ആ ട്രീസയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മതിയല്ലോ വീട്ടുകാരോട് ആലോചിക്കുന്നെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നേരിട്ട് വന്ന് ചോദിച്ചത് സാരമില്ല ട്രീസക്ക് സമാധാനമായി ും എന്റെ പപ്പയും സ്റ്റേറ്റ്സിൽ നിന്ന് വരും അവർ ചെന്ന് ട്രീസയുടെ ചാച്ചനോട് സംസാരിക്കട്ടെ ഇന്ന് ട്രീസയുടെ കാര്യം ഞാൻ പപ്പയ്ക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ട്രീസെ ആർക്കാ ഇഷ്ടപ്പെടാതെ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ട്രീസയെ കാണുമ്പം അവരെന്നെ കൺഗ്രാറ്റ് ചെയ്യും പക്ഷേ ഒരു സിനിമയ്ക്ക് പോണെങ്കിലോ നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണമെങ്കിലോ സിറ്റിയിലാവുന്ന നല്ലത് അതുകൊണ്ടാണ് ലോഡ്ജിൽ താമസിക്കാമെന്ന് വെച്ചത് സൗകര്യത്തിന് നല്ലൊരു വീട് കിട്ടിയാ വാങ്ങണമെന്നുണ്ട് അല്ലെങ്കിൽ വാടക വീട് നോക്കണം േ അപ്പോ ആൽബർട്ട് എല്ലാം തീർച്ചപ്പെടുത്തി കഴിഞ്ഞോ ഇനി മാറ്റമൊന്നുമില്ല പോയോ തന്റെ ആൽബർട്ട് പോയി എന്തു തീരുമാനിച്ചു എന്നെ കെട്ടും എന്ന വാശിയില്ല എന്നിട്ട് താനെന്ത് പറഞ്ഞു ആൽബർട്ടിന്റെ പപ്പയും അമ്മയും വരട്ടെ അവരുടെ ഇഷ്ടം കൂടി അറിയണമല്ലോ എന്തായാലും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്റെ ആൽബർട്ടിനോട് ബ്രോക്കർ ഫീസ് വാങ്ങിക്കും കിട്ടുമെങ്കി വാങ്ങിച്ചോ നളിനി താൻ ഇങ്ങനെ നോവലും വായിച്ചിരുന്നാ മതിയോ ഫൈനൽ ഇയർ അല്ലേ നല്ലതും പഠിക്കണ്ടേ എന്തിനാ ചേച്ചി വെറുതെ പാടുവിട്ട് പഠിക്കുന്നേ എം എ ജയിച്ചാലും ഇല്ലെങ്കിലും പരീക്ഷ കഴിഞ്ഞാലുടൻ എന്റെ മാരേജ് നടക്കും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോ നമ്മള് വെറുതെ തല പോവയ്ക്കുന്നത് മണ്ടത്തരം നിങ്ങളുടെ ക്യാമ്പസിൽ ആൽബർട്ട് എന്നൊരു ലെക്ചറുണ്ട് പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലാ അറിയോ കൊള്ളാം സ്വാമി അറിയാൻ ആരെങ്കിലും ഉണ്ടോ ചേച്ചി ഞങ്ങളുടെ ക്യാമ്പസിൽ സ്വാമിയോ ഞങ്ങൾ ഗേൾസിന്റെ ഇടയിൽ സ്വാമി എന്ന പേരിൽ ആൽബർട്ട് സാർ അറിയപ്പെടുന്നേ അതെന്താ നളിനി സ്വാമി എന്ന് അയ്യോ ട്രീസി ചേച്ചി വേറൊന്നും കൊണ്ടല്ല അത് പക്ഷേ നിസംഗൻ എന്താ ആൽബർട്ട് സാറിന്റെ കാര്യം ചോദിച്ചേ അല്ല എന്റെ ഒരു കൂട്ടുകാരിയെ പുള്ളി കെട്ടാൻ പോവാ ആരാ ചേച്ചിയാ ഭാഗ്യവതി പറഞ്ഞ നളിനി അറിയത്തില്ല എനിക്ക് നളിനിയുടെ ഒരു സഹായം വേണം ഞാൻ എന്തു ചെയ്യണം പറ ചേച്ചി പുള്ളിയുടെ മേൽ ഒരു കണ്ണു വേണം ഏതെങ്കിലും പെണ്ണുമായി ആവശ്യത്തിലധികം കമ്പനി അടിക്കുന്ന കണ്ടാൽ എന്റെ അടുത്ത് വന്ന് പറയണം അത്രയുള്ള അക്കാര്യം ഞാനേറ്റു ഞായറാഴ്ചയായിട്ടും ഞാനിന്ന് ഹോസ്റ്റലിലേക്ക് വന്നത് കൊണ്ടുപോകാനാണ് എന്തിനാ പുറത്തേക്ക് പോകുന്നത് പഴയ രാജകൊട്ടാരത്തിനടുത്ത് സായാഹ്നത്തിൽ മാത്രം തുറക്കുന്ന റെസ്റ്റോറൻറ് അവിടെ പുൽത്തകടിയിലിട്ട കസാരകളിൽ ഇരുന്നുകൊണ്ട് ഓരോ കപ്പ് കാപ്പി കുടിക്കാം സംസാരിക്കാം എങ്കിൽ നമുക്ക് ശംഖുമുഖത്ത് പോവാം ബീച്ചിലിരുന്ന് കുറച്ചു നേരം കാറ്റുകൊള്ളാം അയ്യോ ബീച്ചിലേക്കും മ്യൂസിയത്ത് പോയാലോ ഏ അല്ലെങ്കിൽ കനാക്കുന്ന് പാലസിൽ പോവാം അവിടെ ഫ്ലവർ ഷോ നടക്കുമല്ലേ ഒരിടത്തോട്ട് ഞാനില്ല ആൽബർട്ട് അതെന്താ ട്രീസ നമ്മളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും ആ നമ്മൾ രണ്ടുപേരും അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട ട്രീസ എന്താ വേറെ നാട്ടിൻ പുറത്തുകാരിയെ പോലെ സംസാരിക്കുന്നേ പോലും ട്രീസയേക്കാൾ തന്റെ ഇടം ഉണ്ട് ട്രീസ ഒരു ദിവസം വാ ചില കോളേജുമാരിമാരുടെ എനിക്ക് അത്തരം ഒന്നും വേണ്ട വെറുതെ കാപ്പി കുടിക്കാനും കാറ്റുകൊള്ളാനും പോകുന്നത് എന്താ ട്രീസ താനിങ്ങനെ അൺറൊമാൻറ്റിക് ആയി സംസാരിക്കുന്നേ കൊറച്ചു നേരം എന്നോടൊപ്പം ചെലവഴിക്കാൻ തനിക്ക് മോഹമില്ലേ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കണി പറഞ്ഞ് കണ്ണിൽ കണ്ണിൽ നോക്കി കൈവരിലൊന്ന് തൊട്ട് കല്യാണത്തിന് മുമ്പ് അതിനൊന്നും എന്നെ കിട്ടത്തില്ല ഒരിക്കൽ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത് എന്താ ട്രീസേത് ഇരിക്കു പ്ലീസ് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ ഒന്നും പറയണ്ട നിങ്ങളുടെ മനസ്സിപ്പ് എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി എനിക്ക് മതിയായി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അയ്യോ പ്ലീസ് പോകരുത് ഇത്രയുമാണ് നാൻസി സംഭവിച്ചത് ഞാൻ ഒരു തമാശ പറഞ്ഞതാ ഒക്കെ തെറ്റിദ് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ ഫോൺ ചെയ്തു പക്ഷെ അവൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ബാങ്ക് വിട്ടപ്പോ കാത്തു നിന്നു അവൾ ഒഴിഞ്ഞു പോയി കളഞ്ഞു ഇക്കാര്യത്തിൽ നാൻസി എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം നോക്കട്ടെ ഞാനൊന്ന് ശ്രമിക്കാം ശരിയല്ല തനിക്കങ്ങനെ പറയാം ഞാൻ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല തെറ്റു ചെയ്യാതെ കുറ്റം ഏൽക്കേണ്ട കാര്യം എനിക്കില്ലാണോ അതെനിക്കറിയാൻ മേല എന്നാലും എന്നെ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചന്നൊക്കെ തനിക്കറിയാമോ എന്റെ ചാച്ച ഞങ്ങളെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടാ വളർത്തിയേ പ്രീ ഡിഗ്രിക്ക് ഞാൻ കോട്ടയത്തായിരുന്നു ഡിഗ്രിക്ക് എറണാകുളത്തും രണ്ടും വിമൻസ് കോളേജ് അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് പോലും ഒരൊറ്റ ബോയസിനോട് എനിക്ക് മിണ്ടേണ്ടി വന്നിട്ടില്ല തനിക്ക് അങ്ങനെ പറയാം ആവശ്യമില്ലാതെ കളിതമാശയൊക്കെ പറയാൻ എന്നെ കിട്ടത്തില്ല പെണ്ണുങ്ങളായാൽ അടക്കം ഒതുക്കം വേണമെന്ന് ചാച്ചൻ എപ്പോഴും പറയും വീട്ടിൽ പരിചയമില്ലാത്ത പുരുഷന്മാരാരെങ്കിലും വന്നാ ഞങ്ങൾ മുറി വെളിയിലോട്ട് ഇറങ്ങത്തില്ലായിരുന്നു തനിക്ക് ആൽബർട്ടിനോട് ഇഷ്ടമുണ്ട് ഇല്ലേ ഇഷ്ടമുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കേണ്ടതല്ലേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ആൽബർട്ട് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇത്തവണ ആ പാവത്തിനോട് ക്ഷമിച്ചൂടെ താൻ പറഞ്ഞത് കൊണ്ട് മാത്രമാ ഇനി ഇങ്ങനെ ആൽബർട്ട് പറഞ്ഞ അന്ന് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് കട്ട് ഞാൻ ഒരുവിധം പറഞ്ഞ് നേരെയാക്കിട്ടുണ്ട് ഇന്ന് തന്നെ ആൽബർട്ട് ട്രീസെ ചെന്ന് കാണണം ഓ കാണാം പക്ഷേ അന്നേരം എന്നതാ പൊന്നുരുക്കുന്നിടത്ത് കാര്യം നാൻസി ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും പക്ഷേ ട്രീസക്കത് മനസ്സിലാവത്തില്ല പൂച്ചയുടെ കാര്യം പറഞ്ഞ ഞങ്ങൾ തമ്മിൽ തെറ്റിയത് ഇവിടെ നല്ല ഒന്നാം തരം മട്ടൺ കട്ട്ലാറ്റ് കിട്ടും ഓർഡർ ചെയ്യട്ടെ വേണ്ട ആൽബർട്ട് എനിക്ക് കോഫി മതി ശരി അവൾ എന്താ പറഞ്ഞു സ്വർഗത്തിലെ പാവ നാൻസി നമ്മൾ തമ്മിൽ കൂട്ടായത് അവക്കാ നഷ്ടം എന്ത് നഷ്ടം കൂട്ടുകാരിയെ ഞാൻ തട്ടിയെടുത്തില്ലേ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ പാർക്കിലോ ലൈബ്രറിയിലോ കാപ്പി കുടിക്കാനോ ഒക്കെ പോകാറുന്നില്ലേ നാൻസിക്ക് കല്യാണാലോചന വല്ലതും ഉണ്ടോ ട്രീസേ അവൾ വീട്ടിൽ പോകുന്നുണ്ട് പെണ്ണു കാണലാണ് സംഭവം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ട്രീസയുടെ ഒരു ഫോട്ടോ എനിക്ക് തരണം അതെന്തൊരു ചോദ്യമായി പെണ്ണിന്റെ ഫോട്ടോ ഒരു പുരുഷൻ വേണമെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് കാരണം വേണോ എന്നെ ആൽബർട്ട് എന്നും കാണുന്നുണ്ടല്ലോ പിന്നെ ഫോട്ടോ ഇതേ ലോഡ്ജിലിരിക്കുമ്പോ കാണാനാ അയ്യേ അതൊന്നും വേണ്ട എന്റെ ഫോട്ടോ ആൽബർട്ടിന്റെ കൈയിലിരിക്കുന്ന ആരെങ്കിലും കണ്ട എന്നെ പറ്റി അവരെന്നാ വിചാരിക്കും തന്നെയല്ല ഞാൻ ഫോട്ടോ കൊടുത്ത് നിറഞ്ഞ ചാച്ചനെന്നെ കൊല്ലും എന്നാൽ ഞാൻ സത്യം പറയാം ട്രീസയെ കുറിച്ച് പപ്പയും മമ്മിക്കും ഞാൻ വിശദമായി എഴുതിയിരുന്നു ഉടൻ ട്രീസയുടെ ഒരു ഫോട്ടോ വാങ്ങിച്ചയച്ചു കൊടുക്കണമെന്ന് പപ്പ ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു അവര് വരാറായില്ലേ അടുത്ത മാസം വരും അത് പിന്നെ കാണില്ലേ ആൽബർട്ട് കെട്ടാൻ പോകുന്ന സുന്ദരി അവർ വരുന്ന പരിചയപ്പെടുത്തുന്ന ആയിരിക്കും അന്നേരം ചോദിച്ചപ്പോ ഇത്ര ഡിമാൻഡും ഡിമാൻഡാ ഒരു ഫോട്ടോയല്ല ഒൻപതെണ്ണം തരാൻ നല്ല സുന്ദരി പെമ്പിള്ളര് ക്യൂ നിൽക്കുന്നുണ്ട് ഞാനൊന്ന് മൂളിയാ മതി എന്നാ പിന്നെ ഒന്ന് മൂളിയതാ നല്ലത് ഉം ഉം ക്യാമ്പസിലെ ചില പെമ്പിള്ളേരെ എനിക്ക് പ്രേമലേഖനം തരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ പോലെ കാണാൻ സുമുഖനായ ഒരു എലിജിബിൾ ബാച്ചിലെ കണ്ടുകണ്ട് എത്ര നാള അവരടങ്ങിയിരിക്കുക എന്നാ പിന്നെ പപ്പയും മമ്മിയും വരുമ്പോ അക്കൂട്ടത്തിന് ഒന്നിനെ കാണിച്ചു കൊടുത്താ മതി ഒന്നിനെ ഇഷ്ടപ്പെട്ടില്ല വേറെ ഒന്നിനെ എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ എന്താ ഇത് പോകരുത് ഇരിക്കൂ അവിടെ ഞാൻ ഇവിടെ കാപ്പിയും കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുവാണോ നിനക്കിഷ്ടമായോ ജെയിംസിനെ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ ഇത്രയും കൂടെ മീശയുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പോടി കളി പറയാതെ ജെയിംസിന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് ചെല്ല് അവൻ മാത്രമേ ഉള്ളു അവിടെ പോനുവല്ലോ ജെയിംസ് ജോലി കിട്ടിട്ട് എട്ട് കൊല്ലമായി വേണ്ടെന്ന് വെച്ചിട്ടാ ഇതുവരെ പെണ്ണ് കേട്ടാ ഞാൻ ഇപ്പൊ അമ്മച്ചയ്ക്ക് വലിയ നിർബന്ധം ഹാ അസി തിരുവനന്തപുരത്തായിട്ടിപ്പോ എത്ര നാളായി രണ്ടു കൊല്ലം കഴിഞ്ഞു എന്നാ ശമ്പളമുണ്ട് മാസം എന്നാ കൊടുക്കണം വരും അപ്പോ പുറം ചെലവെല്ലാം കൂടെ കൂട്ടിയാലും മാസം മാസം ആയിരം രൂപയിൽ കൂടുതലാകത്തില്ലോ നാൻസി വീട്ടിൽ വല്ലതും കൊടുക്കുവോ ഞാനൊന്നും കൊടുത്തില്ലെങ്കിലും ഇവിടെ മുട്ടില്ലാതെ കഴിയാനുള്ള വരുമാനം എന്റെ ഇച്ചായനുണ്ട് അതെനിക്കറിയാം അപ്പൊ മാസം അയ്യായിരം രൂപ മീതി ഉണ്ടല്ലോ ബാങ്കിലിടുവാണോ അതാണ് നല്ലത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകണം അതാ ലാഭം നാലഞ്ചു കൊല്ലം കഴിഞ്ഞ് എടുത്താൽ മതിയല്ലോ പിന്നെ കെട്ടു കഴിഞ്ഞാൽ നാൻസി കുറവിലങ്ങാടിന്ന് ട്രാൻസ്ഫർ മേടിക്കണം ഇപ്പൊ തന്നെ അമ്മച്ചയ്ക്ക് വീടുപണിയൊന്നും ചെയ്യാൻ മേലാതായിട്ടുണ്ട് അതുങ്ങളൊക്കെ നിർത്താൻ പറ്റുമോ മുടിഞ്ഞ ശമ്പളമല്ലേ ചോദിക്കുന്നേ ആ ബ്രോക്കർ നാൻസിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു അത് കണ്ട് ഞാൻ വന്നത് ഫോട്ടോയിൽ ചുരിദാറാണല്ലോ ഇട്ടേക്കുന്നേ ബാങ്കിൽ പോകുമ്പോഴും ചുരിദാറാണോ വേഷം ചിലപ്പോഴൊക്കെ ഏഹ് അതൊന്നും വേണ്ട കേട്ടോ കെട്ടുകഴിഞ്ഞാൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല ആ ശരി പയ്ക്കോ ഇനി എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നാ ചോദിക്ക് സിനിമ കാണാറുണ്ടോ സിനിമയോ ഞാൻ അതിനൊന്നും കാശ് കളയത്തില്ല ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും ഞാൻ കാണാറുണ്ട് അതിരിക്കട്ടെ സിഗരറ്റ് വലിക്കുമോ എനിക്ക് എനിക്ക് സിഗരറ്റിന്റെ മണം വലിയ ഇഷ്ട എന്ന് വിചാരിച്ച് വലിക്കാത്തവരെ നിർബന്ധിക്കത്തില്ല ഒരു കാര്യം കൂടി മദ്യപിക്കുമോ എന്താ കളിയാക്കുവാണോ ഹേയ് അല്ലല്ല ആണുങ്ങളായ വല്ലപ്പോഴും ഇത്തിരി വിസ്കിയോ ബ്രാൻഡിയോ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറഞ്ഞു ശരി ഇനിയൊന്നും ചോദിക്കാനില്ല ഇന്നലെയും പിന്നെയും രണ്ടുപേരും കൂടി തെറ്റിയല്ലേ ഞാൻ വീട്ടിൽ പോയേക്കുമായിരുന്നു വന്നപ്പോഴേ അറിഞ്ഞു സംഭവങ്ങൾ ഇക്കണക്കിന് നിങ്ങളുടെ കെട്ടു കഴിഞ്ഞാലും എന്റെ സേവന ഇടയ്ക്കിടെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു മാരേജ് കൗൺസിലിംഗ് ബ്യൂറോ തുടങ്ങും എന്നിട്ട് ഫീസും വെക്കും ട്രീസയെ കഴിഞ്ഞ ഒരു കൊല്ലമായി എനിക്കറിയാം ആൽബർട്ടെ സാധാരണ സ്ത്രീകളെപ്പോലെ അല്ല അവൾ ആവശ്യമില്ലാതെ ആരോടും ചങ്ങാത്തം കൂടാൻ പോകത്തില്ല പെരുമാറ്റത്തിൽ നല്ല അടക്കം ഒതുക്കോ ഉള്ള അവളെ കൂട്ടിന് അത് ആൽബർട്ടിന്റെ ലക്കാണെന്ന് ഞാൻ പറയും അതൊക്കെ എനിക്കറിയാൻ പക്ഷേ അത് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ ആണുങ്ങൾ ഏത് കാര്യത്തിലും ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടും ഓ ഓ ഞങ്ങൾക്കത് നല്ലപോലെ ആലോചിച്ച് ഞങ്ങൾ ഏതു കാര്യവും തീരുമാനിക്കൂ ഓ ചിന്തിക്കാനെന്താ നിങ്ങക്ക് മാത്രമേ തലച്ചോറുള്ളൂ അതുകൊണ്ടല്ല കല്യാണ പ്രായമായ പെണ്ണ് ആണ് തീയുമാണെന്നാ നല്ല അറിവുള്ള കാരണവന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് തീ അടുത്തേക്ക് വരുമ്പോ വെടിമരുന്നിന് കെയർഫുൾ ആകാതിരിക്കാൻ പറ്റുമോ ഒക്കെ ശരിയാ ട്രീസ സുന്ദരിയാണ് വിദ്യാസമ്പന്നയാണ് കൊള്ളാവുന്ന ജോലിയുമുണ്ട് അവൾക്കെന്നെ ഇഷ്ടവുമാണ് എല്ലാം നല്ലത് പക്ഷേ എനിക്കിപ്പോ എന്തോ ഒരു സംശയം കണ്ടോ കണ്ടോ ഇതാണ് ആൽബർട്ടിന്റെ തനി കുറച്ചു മുമ്പ് എന്താ എന്നോട് പറഞ്ഞത് എല്ലാ കാര്യത്തിലും ട്രീസക്ക് സംശയമാണെന്ന് ആൾ മാത്രം മഹായോഗ്യ അതല്ല നാൻസി ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ പരിചയമായതിനു ശേഷം അവൾ എത്ര തവണ പിണങ്ങിയിട്ടുണ്ടെന്നൊന്ന് ഓർത്തു നോക്കിയേക്കും ഞാൻ സംശയിക്കാൻ കാരണമുണ്ട് നാൻസി ഇത്തവണത്തെ സൺഡേ സപ്ലിമെന്റിൽ എന്റെ ബർത്ത്ഡേ ഫോർകാസ്റ്റ് ഉണ്ട് വിവാഹമണികൾ മുഴങ്ങുന്നുണ്ടെന്ന് മുൻ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി ഒരു ഉപദേശവും സഹായത്തിന് ഞാനില്ലേ പാവ ആൽബി ഇന്നും എന്നെ കണ്ട് സങ്കടം പറയാൻ വന്നു കയ്യിലിരിപ്പോണ്ടല്ലേ മനുഷ്യരായ പറയേണ്ടതേ പറയാവൂ ആൽബി ഒരു ശുദ്ധ ഹൃദയനാണ് തന്റെ വെറുതെ ചൂടുപിടിപ്പിക്കാൻ പറഞ്ഞത് അതൊക്കെ വിശ്വസിച്ചോ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്നാലും പെട്ടെന്ന് അങ്ങ് താന്നു എങ്കിൽ ആൽബിയെന്തോഷിപ്പിക്കാൻ പറ്റിയൊരു അവസരം വരുന്നുണ്ട് അടുത്ത സാറ്റർഡേ ബർത്ത്ഡേ ആറിഞ്ഞു അതൊക്കെ സൂത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയതാ സൺഡേ സപ്ലിമെന്റിലെ ബർത്ത്ഡേ ഫോർകാസ്റ്റിൽ നിന്ന് താനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം സന്തോഷം മാത്രല്ല സർപ്രൈസും വാങ്ങൂ കൊടുക്കാം പക്ഷേ എന്ത് വാങ്ങും നാൻസി ഇക്കാര്യത്തിൽ എനിക്ക് ഒരു പരിചയവും ഇല്ല ഒരു നല്ല ഷർട്ട് വാങ്ങിക്കൊടുക്കാം എന്താ ശരിയാ അത് പക്ഷേ എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും അറിയത്തില്ല അതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് തരാം ഷർട്ടില്ലെങ്കിൽ ഒരു ജീൻസ് ആയാലും മതി ആൽബി ജീൻസ് ഇട്ട് കണ്ടിട്ടില്ലല്ലോ ജീൻസ് ഇട്ടാൽ നല്ല ഭംഗിയാണ് ഷർട്ടും ജീൻസൊന്നും വേണ്ടടോ അത് ഇട്ടുകൊണ്ട് പെൺപിള്ളേരുടെ മുമ്പിൽ ചെന്ന് മിനിങ്ങി നടക്കും അത് വേണ്ട വേറെ വല്ലതും പറ എങ്കിൽ ഷേവിംഗ് സെറ്റ് വാങ്ങിച്ചു കൊടുക്ക എന്നിട്ട് ദിവസം രണ്ടു നേരം ഷേവ് ചെയ്യാൻ പറ തനിക്ക് തന്നെ കുറ്റിമീശ കൊണ്ട് നോവാതിരിക്കുവല്ലോ ആൽബർട്ട് ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ പുതിയ ഷേർട്ട് ഉഗ്രയുടെ ബേർഡേ ഗിഫ്റ്റാ എന്റെ സെലക്ഷൻറെ കാര്യത്തിലാ എനിക്കിപ്പോ സംശയം അതെന്താൽ എന്റെ പ്രതീക്ഷയ്ക്ക് ഉയരുന്നില്ല എന്താ നിങ്ങൾ തമ്മിൽ വീണ്ടും തല്ലു നടന്നോ ഒരു സിനിമ കാണാൻ വിളിച്ചിട്ട് അവള് വരുന്നില്ല ട്രീസക്ക് സിനിമ ഇഷ്ടം ഇഷ്ടമില്ലെങ്കിലും എന്നെ സന്തോഷിപ്പിക്കാനെങ്കിലും വന്നൂടെ അപ്പോ അതൊന്നുമല്ല കാര്യം കുടുംബത്തിപ്പറന്ന സ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം സിനിമക്ക് പോവുകയോ പാടില്ല ഒരിക്കലും ഇത്രയൊക്കെ ആയിട്ടും ട്രീസക്കെന്നെ വിശ്വാസമായിട്ടില്ല നാൻസി സിനിമക്ക് വരാമെന്ന് പറഞ്ഞു നാൻസിയും കൂടെ അയ്യോ അത് ശരിയാവത്തില്ല നാൻസി നാൻസി വരുന്നുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് വിരോധം ഉണ്ടല്ലോ ആൽബർട്ട് വരും അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം എന്തോ എനിക്ക് വിശ്വാസമില്ല അടുത്ത ശനിയാഴ്ച ഒരു ഫിലിമിന് പോകാൻ ആൽബർട്ട് എന്നെ ക്ഷണിച്ചു നാൻസിന് ഓ അങ്ങനെയൊന്നുമില്ല എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ ആൽബർട്ടിന് അതിലെന്താ തെറ്റ് ന്യായമായ ആഗ്രഹം ആൽബിയുടേത് അതത്ര ന്യായമായ ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നിയില്ല ചെല്ലാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു അതെന്താ ട്രീസാ തനിക്ക് ആണുങ്ങളെ അറിയാമേലാഞ്ഞിട്ടാ ഭയങ്കര തന്ത്രശാലികളാവർ നമ്മളൊന്ന് കണ്ണടച്ചാ അവര് കൈയിട്ട് വാരും എവിടുന്ന് കിട്ടി തനിക്ക് പുരുഷ വിജ്ഞാനം വിമൻസ് കോളേജിൽ മാത്രമല്ലേ താൻ പഠിച്ചിട്ടുള്ളൂ അതിനൊക്കെ കോമൺ സെൻസ് മാത്രം മതിയടോ എന്റെ കയ്യേലൊന്ന് തൊട്ടോട്ടെ എന്ന് ആൽബർട്ട് ചോദിച്ചു ഞാൻ സമ്മതിച്ചില്ല സമ്മതിച്ച പിന്നെ ഒന്നു വെച്ചോട്ടെ എന്നായിരിക്കും അടുത്ത ചോദ്യം തനിക്ക് ഇങ്ങനെ ചിരിക്കാം ശനിയാഴ്ച ഞാൻ ആൽബർട്ടിന്റെ കൂടെ സിനിമയ്ക്ക് പോയാ പിന്നെയ്ച്ച കന്യാകുമാരിക്ക് ഒരു ഉല്ലാസ യാത്രക്ക് ക്ഷണിക്കും എന്നൊക്കെ ആൽബർട്ട് പറയുന്നതല്ലേ ഈ പുരുഷന്മാരുടെ തന്ത്രങ്ങളൊന്നും തനിക്ക് അറിയത്തില്ല വാഗ്ദാനങ്ങൾ നൽകാൻ മിടുക്കന്മാരവർ അത് ലംഘിക്കാൻ മിടുമിടുക്കന്മാരും എനിക്കനുഭവില്ല എനിക്കും അനുഭവില്ല പക്ഷേ പലരുടെയും അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കോഴിക്കോട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആനി തോമസ് ആത്മഹത്യ ചെയ്തു അവൾക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാവെന്ന് പറഞ്ഞ് മോതിരം മാറ്റൽ വരെ നടത്തിയതാ രണ്ടുപേരും കൂടെ അതിന്റെ ബലത്തിൽ പലയിടത്തും ചുറ്റി നടന്നു ഒടുവിലായ കാലു മാറി അപ്പോഴേക്കും അവൾക്ക് അബദ്ധം കഴിഞ്ഞിരുന്നു എല്ലാവരും അറിഞ്ഞ ബന്ധമല്ലേ നാണക്കേടോർത്ത് അവൾ സീലിംഗ് ഫാനിൽ സാരി കെട്ടി തൂങ്ങി പറയുന്നത് കാര്യമുണ്ട് സമ്മതിച്ചു സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം പക്ഷേ തന്റെ ഈ കടുമ്പിടുത്തത്തിനിടയിൽ ജീവിതത്തിലെ സുന്ദരമായ പല സൗഭാഗ്യങ്ങളും ചോർന്നു പോകുന്ന കാര്യം താൻ അറിയുന്നില്ല നാൻസി പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ടു പോകാതിരുന്നാൽ ഒരപകടവും വരത്തില്ല ആൽബിയുടെ പപ്പയും മമ്മിയും വന്നു കഴിഞ്ഞാൽ പുള്ളി തന്നെ കെട്ടും എന്നെനിക്ക് വിശ്വാസമുണ്ട് പപ്പയ്ക്കും മമ്മിക്കും എന്നെ കണ്ടിട്ട് ബോധിച്ചില്ലെങ്കിൽ അതോടെ എല്ലാം തീരത്തില്ലേ തന്നെ കണ്ടാൽ ആർക്കാടോ ഇഷ്ടപ്പെടാത്ത പറഞ്ഞു പറഞ്ഞു താനെന്നെ കൺഫ്യൂസ് ചെയ്ത് കളഞ്ഞല്ലോ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പം വന്നേ അടുത്ത ഞായറാഴ്ച പപ്പയും മമ്മിയും ഇവിടെ ഇന്നലെ ഫോണുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ട്രീസയെ കാണാൻ ഹോസ്റ്റലിൽ വരും റെഡിയായിരിക്കണം കേട്ടോ അയ്യോ അവർക്ക് എന്റെ ഇഷ്ടമാ ട്രീസ അവരുടെ ഇഷ്ടം കഴിയുമെങ്കിൽ ഒരു മാസത്തിന് മാരേജ് നടത്തണമെന്നാ പപ്പ പറയുന്നു എന്തിനാ പേടിക്കുന്നേ ചിലപ്പോ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ ട്രീസയുടെ ചാച്ചനെ കാണാൻ പോവും വീട്ടിലെ ഫോൺ നമ്പർ തരണം ഞായറാഴ്ച ഒന്ന് വിളിച്ചു പറയാനാൽ എന്നോട് പിണക്കുണ്ടോ എന്തിന് സിനിമക്ക് പോവാൻ വരുന്നത് ട്രീസക്കിഷ്ടമില്ലല്ലോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞാൻ നിർബന്ധിക്കത്തില്ല എനിക്കിഷ്ടോ ഞാൻ വരാം ഗുഡ് ഗേൾ എങ്കിൽ ശനിയാഴ്ച നമുക്കൊരു നൂൺ ഷോ കാണാം ഒരു നല്ല പടമുണ്ട് ഇന്ന് ഞാൻ രണ്ട് ടിക്കറ്റ് റിസർവ് ചെയ്യാം എവിടാ തിയേറ്റർ ആ റെയിൽവേ സ്റ്റേഷൻ എടുത്താ ഞാൻ ഹോസ്റ്റലിൽ വന്ന് ട്രീസെ കൊണ്ടുപോകാം എന്താ ഹോസ്റ്റലിൽ വരണ്ട ആൽബർട്ടെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പിന്നെ അത് അവിടെയുള്ള ചിലർക്ക് കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ ഞാൻ അവിടെ വരാം എന്നാൽ ഒരു പതിനൊന്നാവുമ്പോ തിയേറ്ററിന് മുന്നിൽ വരണം ഞാൻ അവിടെ നിൽക്കാം എന്താ നളിനി വാ ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് നാൻസ് ചേച്ചി കേൾക്കണ്ട എന്താ കാര്യമാ നളിനി ഇന്ന് ആൽബർട്ട് സാറിനെ കാണാൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പെണ്ണ് വന്നായിരുന്നു പെണ്ണോ പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് വയസ്സ് വരും കാണാ സുന്ദരിയാ ആളിത്തിരി മോഡേണാ ജീൻസും ഷർട്ടുമാ വേഷം എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ വരാന്തയിൽ നിന്ന് രണ്ടുപേരും കുറെ നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതും കണ്ടു മണി പത്തരയായി അതിന് ഞാനെന്ത് വേണം എന്താ പോകാനൊരുങ്ങാത്തെ പതിനൊന്നാവുമ്പോ തിയേറ്ററിന്റെ മുന്നിൽ ചെല്ലാമെന്നല്ലേ താൻ ആൽബിയോട് പറഞ്ഞത് ഞാൻ പോകുന്നില്ല അതെന്താ ഞാൻ ചെന്നില്ലെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പവും വരില്ലടോ സിനിമയ്ക്ക് പോകാനല്ല എന്തിനും തയ്യാറായ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട് എന്താ ട്രീസെ താനിങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇന്നലെ രാത്രി മുതൽ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്താ പറ്റിയത് ഇന്നലെ അയാളെ കാണാൻ ഡിപ്പാർട്ട്മെന്റിൽ ഏതോ ഒരു ഉരുമ്പെട്ടവൾ ചെന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു ഓട്ടോയിൽ കയറി അവർക്കാവശ്യമുള്ള അടുത്ത് പോവുകയും ചെയ്തു ആര് പറഞ്ഞു തന്നോട് ഇതൊക്കെ ആര് പറഞ്ഞാൽ എന്താ നടന്ന കാര്യങ്ങളായതല്ല ആൽബിയെ കാണാൻ വന്നത് പരിചയമുള്ള ആരെങ്കിലും ആയിക്കൂടെ ചെലപ്പോ ബന്ധുവാകാനും മതി ബന്ധുവോ അയാളുടെ ബന്ധുക്കളൊക്കെ അറിഞ്ഞത് സത്യ അറിയാതെ ഒന്നും വിശ്വസിക്കരുത് ട്രീസെ താൻ ചെന്ന് ആൽബിയോട് ചോദിച്ചു നോക്ക് എന്നിട്ട് മതി നിഗമനങ്ങളിലെത്തുന്നത് തീ ഇല്ലാതെ പുകയുണ്ടാകത്തില്ല എനിക്കിപ്പോ ആരുടെയും വിശദീകരണം ഒന്നും കേൾക്കണ്ട ട്രീസ നാളെ ആൽബിയുടെ പപ്പയും മമ്മിയും തന്നെ കാണാൻ വരാനിരിക്കുവല്ലേ ഈ സമയത്ത് നീ ഇങ്ങനെ പെരുമാറരുത് അതിനു മുമ്പ അറിയാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണിച്ചത്യാളാ താൻ ചെല്ലുന്നതും കാത്ത് ആ പാവ ഇപ്പോൾ തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഉപ്പ് തിന്നവാണം താൻ സിനിമക്ക് പോകുന്നില്ലെങ്കി വേണ്ട പക്ഷെ ചെല്ലാൻ പറ്റില്ല എന്ന് അറിയിക്കാനുള്ള സന്മനസ് എങ്കിലും കാണിക്കണം ഒരു ഓട്ടോ പിടിച്ച് ചെല്ലണം ആൽബിയെ വിവരം പറയണം ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോരണം എന്നാ താങ്കൂടെ എന്നാ ഞാനും വരാം വേല റെഡിയാക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ വരില്ലെന്ന് അറിയിച്ചാ മതിയല്ലോ അത്രയ്ക്ക് വാശിയോ തനിക്ക് ശരി ഞാൻ ചെന്ന് പറയാം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പു തരണം നാളെ ആൽബിയുടെ പപ്പയും മമ്മിയും വരുമ്പോ താൻ ഈ വേല എടുക്കരുത് ഇല്ല പ്രോമിസ് വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ ബ്രദർ വന്നിട്ടുണ്ട് ഞാൻ എത്ര പ്രതീക്ഷിച്ചതാ കളഞ്ഞു വിഷമിക്കണ്ട ഇനിയും ഉണ്ടല്ലോ ന്യൂഷോ എത്ര നിർബന്ധിച്ചിട്ടാ ട്രീസ വരാമെന്ന് സമ്മതിച്ചത് നോക്കി നോക്കിന്ന് കണ്ണു കഴിച്ചപ്പോ എനിക്കെന്ത് ദേഷ്യം വന്നറിയാവോ രാവിലെ ലോഡ്ജിലേക്ക് ഫോൺ ചെയ്ത് ഒന്ന് അറിയിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ അതുകൊണ്ടല്ലേ കണ്ടില്ലേ രണ്ട് ടിക്കറ്റ് ഉണ്ട് റിസർവ് ചെയ്തതാ ഇനി എന്ത് ചെയ്യും ആ രണ്ട് ടിക്കറ്റ് ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം നാൻസി വരൂ നമുക്ക് സിനിമ കാണാം അയ്യോ അത് വേണ്ട ഞാൻ വരുന്നില്ല അതെന്താ അത് ശരിയല്ല കാരണം ട്രീസക്ക് വിഷമമാവും അവൾക്ക് വേണ്ടി വാങ്ങിയ ടിക്കറ്റ് അല്ലേ ഇത് പക്ഷെ അവൾക്ക് വരാൻ പറ്റില്ലല്ലോ എന്നാലും ട്രീസക്ക് അത് ഇഷ്ടമാവില്ല അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനാണ് ആൽബി ഞാൻ കൂട്ടുകാരിയാണെങ്കിലും ആൽബി മറ്റൊരു പെണ്ണുമായി ചങ്ങാത്തം കൂടുന്നത് അവൾക്ക് സഹിക്കില്ല എടോ ഞാൻ ട്രീസയെ കിട്ടാൻ പോവാണെന്ന് വെച്ച് എന്റെ സ്വാതന്ത്ര്യമെല്ലാം അടിയറ വയ്ക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഒന്നിച്ചൊരു സിനിമ കണ്ടെന്ന് വെച്ച് എന്ത് കുഴപ്പമാണ് സംഭവിക്കാൻ പോകുന്ന ഒന്നറിയാലോ ആൽബി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്നാൽ അവളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണിത് നാൻസ് വരൂ എന്റെ കൈന്ന് വിടു ആൽബി പ്ലീസ് ഇല്ല നമ്മൾ ഇന്ന് ഒരു സിനിമ ആണെന്നും എന്ത ഇത് സിനിമ ഇഷ്ടായോ നാൻസിക്കെ ഞാൻ സിനിമ കണ്ടില്ല ട്രീസയെ സകല സമയത്തും എന്റെ ഓർമ്മ ആ മണി കഴിഞ്ഞല്ലോ വിശക്കുന്നില്ലേ നാൻസിക്കെ നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എനിക്കറിയാം വേണ്ട ആൽബി ഹോസ്റ്റലിൽ ചെന്ന് ട്രീസയെ കണ്ടാലേ എനിക്ക് സമാധാനം കിട്ടൂസയെ കാണുമ്പോ ഉള്ള മനസ്സമ്മാനം കൂടി ഇല്ലാതായെന്നും വരാ എങ്കിൽ ആൽബി അതിനുവാദി ഏ ഏ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഏതോ കവി ചോദിച്ചിട്ടുണ്ട് ആരാണ് ഓർമ്മയോട് നാൻസിക്ക് ഷേക്സ്പിയർ ആണെന്ന് തോന്നുന്നു പലതും ഉണ്ടെന്ന് ഞാൻ പറയുന്നു എന്തുകൊണ്ടാണ് എന്നെ ആൽബിയെന്ന് വിളിക്കാൻസിൽ വേറൊന്നും പ്രീസ എന്നെ ആൽബർട്ടെന്നല്ലാതെ വേറെ വിളിച്ചിട്ടില്ല ആൽബി എന്ന് എന്നെ നാൻസി അല്ലാതെ വേറെ ആരും വിളിച്ചിട്ടുമില്ല ഞാൻ ഒരു ഓട്ടോയിൽ പോയിക്കോട്ടെ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി കൊണ്ടുവിടാം എണ്ണം തെറ്റി ഒരു നൂറ് രൂപ നോട്ട് തിരികെ തരാൻ എന്റെ ബാങ്കിൽ ഒരു രാജകുമാരൻ വരുമെന്നും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്കൊരു നഷ്ടബോധമാണ് തോന്നുന്നത് അതെന്തേ തെറ്റിയാണ് ഞാൻ അക്കൗണ്ട് തുടങ്ങിയെന്ന് എനിക്കിപ്പം മനസ്സിലായി ഇത്രയുമാണ് ട്രീസ സംഭവിച്ചത് എനിക്കൊരു അപേക്ഷയുണ്ട് താൻ വെറുതെ തെറ്റിദ്ധരിക്കരുത് ഏയ് എനിക്കൊരു തെറ്റിദ്ധാരണയില്ല ആൽബർട്ട് സിനിമയ്ക്ക് വിളിച്ചു വീട്ടിൽ നിന്ന് ബ്രദർ വന്നതുകൊണ്ടാ താൻ ചെല്ലാത്തത് എന്നാണ് ആൽബിയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നാളെ കാണുമ്പോൾ അങ്ങനെ പറയാവൂ അപ്പോ നാളെ വരൂ വരും എന്താ ഇത്ര സംശയം താൻ ഫിലിമിന് ചെല്ലാഞ്ഞതിൽ ആൽബിക്ക് വിഷമമുണ്ട് ലോഡ്ജിലേക്കൊന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിൽ തെറ്റില്ല ശരി ആലോചിക്കാം സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റിയില്ലാ എത്തിയല്ലോ പപ്പയും മമ്മിയും കാറിൽ തന്നെ ഇരുന്നാ മതി ഞാൻ ചെന്ന് ട്രീസയെ വിളിച്ചോണ്ട് ഇപ്പം വരാം ആൽബർട്ട് വേഗം വരണം കേട്ടോ ശരി പപ്പ അവരെ ആളിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ത് ഭ്രാന്തല്ലേ ആൽബിയോട് പിണക്കം കാണിക്കത്തില്ലെന്ന് ഞാൻ സൗന്ദര്യ പിണക്കത്തിനുള്ള സമയമല്ല ട്രീസ ഇത് ആൽബിയെ വിഷമിപ്പിക്കാതെ വേഗം ചെല്ലെന്താ കണ്ട പെണ്ണുങ്ങളെയൊക്കെ പിന്നാലെ നടക്കുന്ന ഒരുത്തിനെ എനിക്ക് വേണ്ട അത് ഞാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ എന്തിനാ അയാടെ അപ്പനെ അമ്മയും കാണാൻ പോകുന്നേ അയക്കിഷ്ടമുള്ള ആളെ കെട്ടിക്കോട്ടെ എനിക്കൊരു ചുക്കുല്ല ഇക്കാര്യത്തെ കുറിച്ച് താൻ ഇനി ഒന്നും എന്നോട് മിണ്ടണ്ടവിടെ എന്തോ തെറ്റിദ്ധാരണയുണ്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് പപ്പയും അമ്മയും ആൽബി തിരിച്ചു കൊണ്ടുപോ നാളെ ബാങ്കിൽ ചെന്ന് ആൽബി ട്രീസയോട് സംസാരിക്കണം എല്ലാം ഇന്നലെ ട്രീസ ഫിലിമിന് വരാഞ്ഞത് ബ്രദർ വന്നതുകൊണ്ടൊന്നും അല്ലെ ആൽബിയോട് പിണങ്ങിട്ടാണ് മിനിഞ്ഞാന്ന് ആൽബിയെ കാണാൻ ജീൻസും ഷർട്ടും ധരിച്ച ഒരു പെണ്ണ് ഡിപ്പാർട്ട്മെന്റിൽ വന്നോ എങ്ങനെയോ ട്രീസ അക്കാര്യം അറിഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്ക ഓ മൈ ഗോഡ് ഞാൻ മടുത്തു നാൻസി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ സംശയിക്കുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഞാനെങ്ങനെ ജീവിക്കും ആരായിരുന്നു ആൽബിയെ കാണാൻ വന്നത് അയ്യോ അത് പപ്പയുടെ അനിയന്റെ മോളാ മീന പെങ്ങൾ അവൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ ബി ഡി നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നലെ സിനിമ കണ്ടതും അപ്സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എത്ര പറഞ്ഞതാ വേണ്ടെന്ന് പപ്പയോടും മമ്മിയോടും ഞാനിനി എന്ത് പറയും എന്റെ വാക്കിന് ഒരു വിലയും ഇല്ലാതായി പോവുമല്ലോ മറ്റോ പറയൂ ആ അത് വേണ്ട ഇത്തവണ കൂടി എനിക്ക് നാൻസിയുടെ ഹെൽപ്പ് വേണം ഞാൻ എന്തു ചെയ്യണം വാ പറയാം പപ്പയും മമ്മിയും കാറിലുണ്ട് പപ്പ മമ്മി നോക്കിക്കേ ഇതാണ് നമ്മുടെ കഥാനായിക മിസ് നാൻസി ജോസഫ് ഓ ഹലോ നാൻസി ഞാനിവന്റെ പപ്പ മോളെ പറ്റി ഇവൻ എനിക്ക് എഴുതിയപ്പോഴേ വിചാരിച്ചു ഇവന്റെ സെലക്ഷൻ മോശമാകത്തില്ല മോളൊന്നും പറയണ്ട വാഹ് നമുക്ക് പുറത്തെവിടെങ്കിലും സംസാരിക്കാം കാറിലോട്ട് കേറേ നാൻസി പക്ഷേ നാൻസി ഒന്നും പറയണ്ട ഇത് ഇങ്ങനെയായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ വാ എന്റെ മോളെ എങ്ങനെ അത് പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട പക്ഷേ ആൽബർട്ടേ ത്രീസേ എന്നല്ലേ നീ ആദ്യം പറഞ്ഞ പേര് അതിപ്പോ എങ്ങനെ നാൻസി ആ പപ്പാ സ്നേഹം കൂടുമ്പോ ഞാനിവിളെ നാൻസി എന്നാ വിളിക്കാറുള്ളത്